നിങ്ങളുടെ കരാർ ഞങ്ങൾ സ്വീകരിച്ചതും കൂരിൽ മലയെ നിങ്ങളുടെ മീത് ഉയർത്തിയതും ഓർക്കുക ഞങ്ങൾ നിങ്ങൾക്ക് നൽകിയത് ദൃഢമായി സ്വീകരിക്കുക അതിലുള്ളത് ഓർമ്മിക്കുക നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകാൻ വേണ്ടി